നമ്മൾ നിങ്ങൾക്കു നൽകിയ ഉപജീവനത്തിൽ നിന്ന് ചിലവഴിക്കുവിൻ നിങ്ങളിലൊരാൾക്ക് മരണം വരികയും എന്റെ രക്ഷിതാവേ എന്നെ അൽപകാലം കൂടി നീട്ടിക്കൊടുക്കാമായിരുന്നെങ്കിൽ ഞാൻ ദാനം ചെയ്യുകയും സൽക്കർമ്മകാരികളിൽ ഒരാളാവുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതിനു മുൻപായി അത് ചെയ്യുക